അർബുദം പറഞ്ഞു തരുന്നതിനിടയിൽ കുറച്ച് തെങ്ങിൻ ക്ലാസ്സിൽ കാട് പേര് വിഷയത്തിൽ നിന്ന് വളരെ ദൂരം പോവുകയുണ്ടായി നമ്മൾ അർബുദത്തെ കുറിച്ച് പറഞ്ഞ നിർത്തിയ ഭാഗം നേരത്തെ ക്ലാസ്സിലാണ് അവിടെ നമ്മൾ പറഞ്ഞത് അർബുദം രോഗമല്ല എന്ന് തന്നെയാണ് ഇതൊരു ഏഞ്ചിങ് പ്രോസസ് ആണെന്നുള്ളതാണ് ഏറ്റവും പ്രാചീനമായ ഗ്രന്ഥങ്ങളിൽ കാലത്തു തന്നെ കണ്ടെത്തിയിട്ടുള്ളതാണെന്ന് നമ്മൾ അന്നത്തെ ക്ലാസ്സിലൂടെ കാണുകയുണ്ടായി ഗ്രീക്ക് മിഥോളജിയോളം ഈ രോഗത്തിന് പഴക്കമുണ്ട് വേദകാലത്തോളം പഴക്കമുണ്ട് വേദ സംഹിതകളിൽ കർക്കിടക രോഗമെന്ന പതം വരെ കാണുന്നുണ്ട് അന്ന് ഉപയോഗിച്ച മരുന്നുകളാണ് ഇന്ന് കുറെ കൂടെ റിഫൈൻഡായിട്ട് ഉപയോഗിക്കുന്നതെന്ന് ഡോക്ടർ മൂർത്തിയുടെ പഠനവും നമ്മൾ കാണുകയുണ്ടായി മദ്രാസ് മെഡിക്കൽ കോളേജില് ഓക്കോളജിയില് സ്തുത്യമായി സേവനമനുഷ്ഠിച്ചിരുന്ന ഡോക്ടർ കൃഷ്ണമൂർത്തിയുടെ അഭിപ്രായവും നമ്മൾ ആദ്യം കാണുകയുണ്ടായിട്ട് ആ കാലഘട്ടം മുതൽ അതായത് വൈദിക കാലം മുതൽ ഈ രോഗമുണ്ടെങ്കിലും ഇത്ര ഈ രോഗം ബാധിച്ചിരുന്നില്ല ഇന്ന് കാണുന്ന പല രോഗങ്ങളുടെയും നില ഒരകാല വാർദ്ധക്യത്തിന്റെ നിലയിൽ പുരാണങ്ങളെ ഉദ്ധരിച്ചാൽ പതിനാറ് വയസ്സുള്ള നരന്മാരും അരച്ചിടും അന്ന് ഭവിഷ്യപൂർവത്തില് വ്യാസൻ മഹാഭാരതത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു ഭവിഷ്യപുരാണം വളരെ ശക്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു പുരാണ ഇതിഹാസങ്ങളിൽ വഴിക്ക് പറഞ്ഞിരിക്കുന്ന ഒരു ഐതിഹ്യമാ നിലയിൽ തള്ളിക്കളയാൻ എന്ന് തോന്നുന്ന പല അനുഭവങ്ങളും കാണാം വാർദ്ധക്യത്തിലുണ്ടാകുന്ന രോഗങ്ങൾ വളരെ കുട്ടിക്കാലത്ത് തന്നെ കണ്ടുവരുന്നു എന്നുള്ളത് ഇന്ന് പ്രത്യേകത പ്രത്യേകിച്ച് മസ്തിഷ്കത്തിലെ പരിണാമം സംഭവിക്കുകയില്ലായിരുന്ന ഉറപ്പ് വരുന്ന കോശങ്ങളെ സംബന്ധിച്ചുകൾ അതായത് വൈദ്യശാസ്ത്രത്തെ ഏറ്റവും കുഴക്കുന്നത് വൈദ്യശാസ്ത്രജ്ഞന്മാർ സൈക്കോളജിയിൽ എത്രത്തോളം അങ്ങോട്ട് പോകുന്നു എന്ന കാര്യം എനിക്ക് സംശയമുള്ള കാര്യമാണ് സൈക്കോമോർമോസിന്റെ കുറിച്ചുള്ള നിർണായകങ്ങളായ ാന്തര പഠനങ്ങളെ കുറിച്ചുള്ള അറിവ് സൂക്ഷ്മമാകുമെങ്കിൽ ഒട്ടനേകം രോഗങ്ങൾ രോഗിയെ രോഗനില പരിശോധിച്ച് അതിനു പറ്റിയ ഔഷധങ്ങൾ നൽകുന്നു എന്നുള്ളതിനപ്പുറം അയാളുടെ ഹൃദയത്തിന്റെ വയസ്സ് അയാളുടെ ശ്വാസകോശത്തിന്റെ വയസ്സ് അയാളുടെ താരതമ്യം ചെയ്യാവുന്നതായിരിക്കും ുടെ പ്രായം സിനാസിൽ വന്നിരിക്കുന്ന ഏജി ഈ നിലയിലൊന്നും ആധുനിക വൈദ്യശാസ്ത്രം പോലും കാര്യമായി ചിന്തിക്കുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ് മറ്റുള്ളവരില്ല എന്നുള്ളത് എഴുപത് വയസ്സിലൊരാൾ ഏറ്റം കയറാൻ തിരക്കുമ്പോൾ ഇത് വാർദ്ധക്യ സഹജം എന്ന് പറയാൻ ഒരു നാൽപ്പത് കൊല്ലമവും അടിച്ചിരുന്നു കാരണം എഴുപത് യൗവനത്തിന്റെ പ്രായങ്ങൾ എഴുപതിനും പോലും പാർത്ഥക്യമായി അംഗീകരിക്കുവാനാത്ത തലമുറകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുറെ കൂടെ ഒരു നൂറ് കൊല്ലം പോയാൽ ചരിത്രത്തിൽ ഒരു പ്രായം തന്നെയായി അംഗീകരിച്ചിരുന്നില്ല മഹാഭാരത കാലഘട്ടത്തിൽ എടുത്തു പറഞ്ഞാൽ നൂറ്റി വയസ്സുള്ള കളവനങ്ങൾ കൗരവ സൈന്യത്തിന്റെ നേതാവും ഐതിഹ്യങ്ങൾ മാത്രം കരുതിയ മതി കെട്ടുകയെ മാത്രം വിചാരിച്ചാൽ മതി അല്ലെങ്കിൽ ആകെ കുറെ വിഷമിക്കും എൺപത്തി ഏഴ് എൺപത്തെട്ട് എൺപത്തി ആറ് എൺപത്തഞ്ച് ഒക്കെ വയസ്സി യുഷനും കൃഷ്ണനും എഴുപത് എഴുപത്തിരണ്ട് വയസ്സൊക്കെ അർജുനനും ഒക്കെ പ്രായമുണ്ടാ സമയം വയസ്സൊക്കെ പോയി റൊപ്പയും നോക്കാം ഞാൻ പറഞ്ഞ കള്ളവാണെങ്കിൽ ആയതിനടുത്ത് പോരാടുന്നവരാണ് യോദ്ധാക്കളാണ് മോർത്താലിറ്റിയെ കുറിച്ച് മറ്റുമൊക്കെയുള്ള വാദകോലങ്ങൾ നടക്കുമ്പോൾ നിങ്ങളും ഞാനും അടങ്ങുന്ന സമൂഹത്തിന്റെ ഓർമ്മകൾ പഴമങ്ങയിലേക്ക് പോകുമെങ്കിൽ ഇന്നത്തെക്കാൾ എത്രയോ വല്യമ്മമാരെയും നമ്മൾ നമ്മുടെ വീട്ടുമുറ്റത്ത് കണ്ടു ഇന്ന് എത്ര ജനസംഖ്യ വളരെ കൂടിയിരിക്കുന്ന ഈ കാലത്ത് നമ്മുടെ വീട്ടുമുറ്റത്ത് കാണുന്ന വല്യമ്മമാരുടെ എണ്ണവും ഒരു നാൽപ്പതൻപത് കൊല്ലം മുമ്പ് കണ്ടിരുന്ന വല്യമ്മമാരുടെ എണ്ണവും നമ്മുടെ കണ്ണുകളെ വചിക്കാൻ പറ്റില്ലെങ്കിൽ സ്ഥിതിവര മാറ്റി വെച്ചിട്ട് നോക്കിയാൽ എന്റെ വീട്ടിൽ അല്ലെ അയൽപക്കരുടെ വീട്ടിൽ ഇത്ര വയസ്സുള്ള വ്യക്തിയെ ഞാൻ കണ്ടിട്ടുണ്ട് ഇനി അത് കേരളത്തിൽ തന്നെ മറയൊരുപോയാണാൻ ജീവിച്ചിരിക്കുന്നതിന് വികാസമാണ് മകൾക്ക് ഒരു തൊണ്ണൂറ് വയസ്സുള്ളതാണ് അമ്മയ്ക്ക് നൂറ്റി രണ്ടെന്നാണ് മകള് നമ്മളോട് പറയുന്നത് മകളോട് ചോദിച്ചാലും പറയും തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ടോ അതിന്റെ മകളെ രണ്ട മുഴുവൻ അമ്പത് വയസ്സുണ്ടോ മാറുന്നു അഞ്ചോ ആറോ എണ്ണോ ഉണ്ടോ തോന്നില്ലേ ഒരേ പോലെ ഇങ്ങനെ ഡൈന പോയി അവിടുത്തെ ഊരിൽ ചെന്ന് കണ്ട കാഴ്ചയാണ് ഇപ്പത് കുറവാൻപാടിയിലോ മറയൂരോ ഒക്കെ നിങ്ങൾ എന്നാൽ വളരെ അൺഹൈജീനിക്ക് എന്ന് ആധുനികൻ പറയുന്ന കണ്ടീഷണൽ ജീവിക്കുന്ന ഹൈലി അൺഹൈജീനിക് വീടിന്റെ ജനലിലേക്ക് പശുവിനെ ഒഴുക്കെത്തുകയും അതിന്റെ ചാണകവും മൂത്രവും ഒക്കെ ചുറ്റും കിടക്കുകയും കുട്ടികളൊക്കെ കിഴക്കു ഒഴിക്കിറങ്ങുകയും മൂത്രം ഒഴിക്കുകയും മൺചുമരുകൾ ജീവിക്കുകയും മൺചുമരുകൾക്കുള്ളിൽ ഒക്കെ ചെയ്യുന്ന ആ തലമുറ ഈ എൺപതും തൊണ്ണൂറുമുള്ള വയസ്സൻ പാടത്തിറങ്ങി വൈകുന്നേരം ആവുമ്പോൾ രണ്ട് കയ്യിലും സഞ്ചി നിറച്ച് സാധനങ്ങൾ കിലോമീറ്ററുകളകലെന്ന് കൊണ്ട് ഈ മല കയറുകയും അതുപോലെ മലയിൽ നിന്ന് ഇറങ്ങി വരികയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോ ആരോഗ്യത്തെ കുറിച്ചുള്ള നമ്മുടെ പഠനങ്ങളൊക്കെ താളർമാറുമ്പോൾ നിങ്ങൾ ചെറുപ്പക്കാരുടെ ഹൃദയമെടുത്തതിന്റെ വയസ്സ് പരിശോധിച്ചിട്ട് നിങ്ങളുടെ നാട്ടിൽ പണിക്ക് വരുന്ന തമിഴൻ്റെ ഹൃദയത്തിന്റെ വയസ്സ് ഫ്രഞ്ച് കീറാൻ വരുന്ന തമിഴൻ്റെ ഹൃദയത്തിന്റെ വയസ്സ് പരിശോധിച്ചാൽ അവന്റെ ഹൃദയം യൗവനത്തിലും നിങ്ങളുടെ ഹൃദയം വാർദ്ധക്യത്തിലുമാണെന്ന് കാണാൻ കഴിയും പ്രായം നിങ്ങൾക്ക് നാൽപ്പതായിരിക്കാം മുപ്പതായിരിക്കാം പക്ഷെ നിങ്ങളുടെ ഹൃദയം പാർദ്ധക്യത്തിൽ ഇങ്ങനത്തെ പഠനം വൈദ്യശാസ്ത്രത്തിന് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല വേണ്ടതാണെന്ന് എനിക്ക് അഭിപ്രായം അവയവങ്ങളുടെ പ്രായം ഒറ്റയ്ക്കും കൂട്ടായി അവന്റെ പ്രായത്തേക്കാൾ വർദ്ധിക്കുന്നത് അവയുടെ വിനാശത്തിന് കാരണമായി ഇവിടെയാണ് സൈക്കോളിസിന്റെ കുറിച്ചുള്ള നിർണായകങ്ങളായ അന്വേഷണങ്ങൾ മനുഷ്യനാവശ്യമായി സൈറ്റോമോർഫോളജി എന്ന് പറയുന്ന ശാഖ അർബുദ പഠനത്തിൽ ഇത് വളരെ അത്യന്താപേക്ഷിതമാണ് അർബുദത്തെ ചികിത്സിക്കാൻ എത്ര ഓക്കോളജിസ്റ്റുകൾ ഉണ്ടായി എന്നതിൽ നമ്മൾ അഭിമാനം കൊണ്ടേകാം അർബുദം എത്ര ശതമാനം പേരെ ബാധിച്ചു എന്നുള്ളതിൽ അതിന്റെ പുരോഗതിയെ കുറിച്ച് സ്ഥിതിവര കണക്കുകൾ നമുക്കുണ്ടാവാം അവയ്ക്ക് കമ്പനികൾ ഉണ്ടാക്കുന്ന മരുന്നുകളെ കുറിച്ചുള്ള സ്ഥിതിവര കണക്കുകളും നമുക്കുണ്ടാകാം പക്ഷേ അർബുദത്തിലേക്ക് കോശങ്ങളെ പരിണമിപ്പിക്കുന്ന കോശാന്തര വ്യാപാരത്തെ കുറിച്ച് കാര്യമായ പഠനങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നത് സംശയാസ്പദമാണ് ഇവിടെയാണ് വൈദിക സംസ്കൃതി പല കാര്യങ്ങളിലും ഊന്നൽ നൽകിയിട്ടുള്ളത് ഒരകാല വാർത്തകൾ തന്നെയാണ് പല രോഗങ്ങളും എങ്കിൽ ചികിത്സ രോഗത്തിനായാൽ പോരാതെ വരുന്നു അറിയില്ല രോഗം ഡയഗ്നോസ് ചെയ്തത് കൃത്യമായി കണ്ടെത്തുവാനുള്ള വൈദ്യശാസ്ത്രത്തിന്റെ വഴികളുണ്ട് തർക്കമില്ല മുൻപെന്നത്തെയും കാണും അതിലെനിക്കോ നിൽക്കുമോ തർക്കം ഉണ്ടാവേണ്ട കാര്യമില്ല ചൈന ഉയർന്നും അതിനെ പറ്റിയ ഉപകരണങ്ങളും കൃത്യമായി ഡയഗ്നോസ് ചെയ്യാൻ അറിയാവുന്ന വിഷഗരമാണ് ആ രോഗത്തെ നന്നായി ചുറപ്പിച്ച് കൃത്യമായി കണ്ടെത്തിയിരിക്കുന്ന മരുന്നുകൾ ഇത് രണ്ടുമാണ് ആധുനികതയുടെ രണ്ട് തലങ്ങളിൽ നിലകൊള്ളുന്നത് പക്ഷെ ഫലപ്രദങ്ങൾ എന്ന് പറയുന്ന ഈ മരുന്നുകൾ പരീക്ഷണഘട്ടങ്ങളിൽ കാണിച്ച പല ബിശഗ്വരന്മാർ കുറിച്ച് വരുമ്പോൾ കാണിക്കുന്നില്ല മരുന്നുകളുടെ ഈ എഴുത്താപ്പ് അങ്ങനല്ലേ പറയണ്ടേ നിങ്ങളുടെ രാഷ്ട്രീയക്കാരുടെ സ്വഭാവം മരുന്നുകൾക്കും വന്നുപോകുന്നു എന്ന് പറഞ്ഞാൽ ഔഷധസൽകലനത്തിലും ഔഷധ ഔഷധങ്ങളുടെ രൂപീകരണത്തിലും ബയോ കെമിസ്ട്രിയും മോളിക്കൂറോ ബയോളജിയും ബയോടെക്നോളജിയും മെഡിക്കൽ എൻജിനീയറിങ്ങും സൈക്കോളജിയും പതോളജിയും ഒക്കെ ചേർന്ന് നിർണായകമായി നടത്തിയ പരീക്ഷണം പൂർണ്ണ വിജയമായി എന്ന് ഉത്തമരായ ശാസ്ത്രകാരന്മാർ സംശയമില്ലാതെ രേഖപ്പെടുത്തിയ ഔഷധങ്ങൾ അവരുടെ ഇൻറ്റഗ്രിറ്റിയെ ഒരിക്കലും സംശയിക്കേണ്ട ആവശ്യമില്ലാത്തതുപോലെ ഉത്തമന്മാരാണ് അവർ ഒരു മരുന്നിലല്ല കോഴികൾ ചെലവഴിച്ച് ഉണ്ടാക്കിയ അവയിൽ പരീക്ഷണം കഴിഞ്ഞ് പുറത്തിറങ്ങി രോഗി എത്തിത്തുടങ്ങി രോഗിയെ ഡയഗ്നോസ് ചെയ്ത് ഈ മരുന്ന് കൊടുക്കാൻ തുടങ്ങിയ അവ നേരത്തെ പരീക്ഷണങ്ങളിൽ കണ്ടറിഞ്ഞ ഫലങ്ങൾ തരാതിരിക്കുക രണ്ട് പാർശ്വഫലങ്ങൾ വളരെ കൂടുതൽ തരിക ഈ വ്യതിയാനം ആധുനികയുടെ ുഖ മുദ്രയായി മാറുന്ന കാലമാണിത് നാൽപത് സംവത്സരം ഗൈനകോളജിസ്റ്റായി വർക്ക് ചെയ്ത ഒരു കൊല്ലമായി കൊടുക്കുന്ന ഒരു മെഡിസിൻ ഓരോ വർഷവും അതിനെ കുറിച്ചുള്ള പഠനങ്ങള് നിർണായകമായി മാറ്റുന്നതിൽ വന്നുകൊണ്ടിരിക്കുന്ന നാൽപ്പതാം സംവത്സരത്തില് ഈ കുറിച്ചുകൊടുത്ത മരുന്ന് ിലും അതല്ല അത് കഴിക്കുന്ന അമ്മ കഴിക്കുമ്പോൾ കുഞ്ഞിൻ്റെ ക്രോമസോമുകളിലും അതല്ല നാളെ കുഞ്ഞിന് ജനിച്ചേക്കാവുന്ന കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന ജനിരകങ്ങളിലും വൈകല്യങ്ങൾ ഉണ്ടാക്കുന്നവയാണെന്ന് നാൽപ്പത് തമ്പത്സരം കഴിഞ്ഞൊരു പഠനം വന്നാൽ അത് കുരിച്ചു കൊടുത്ത ഒരാൾ ആ പഠനം വായിച്ചു പോയെങ്കിൽ ജീവിച്ചിരിക്കുന്ന അയാളുടെ ജീവിതം എന്തായിരിക്കും അതുകൊണ്ട് അപകടപ്പെട്ട കുഞ്ഞുങ്ങളുടെ ജീവിതം അല്ല ഞാൻ ചോദിച്ചത് അവരറിഞ്ഞിട്ടില്ല അതിൽ എത്ര പേർ ഞരയായി എന്നുള്ളത് അവരുടെ അച്ഛനും അമ്മയും സമൂഹവും തൽക്കാലം പറഞ്ഞിട്ടില്ല നാളെ രാവിലെ ഒരു പേപ്പർ പ്രസന്റ് ചെയ്ത ആ പേപ്പർ എൻ്റെ കയ്യിലേക്ക് എത്തുമ്പോൾ ഞാൻ നാൽപ്പത് കൊടുത്ത ഒരു വസ്തു സംരക്ഷണത്തിനെന്ന വ്യാജേന ഞാൻ കൊടുത്ത് പ്രയോജനപ്പെടാൻ കൈകാര്യം ചെയ്തത് തലമുറകളെ നശിപ്പിക്കുന്ന ഒന്നായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുമ്പോഴുള്ള എന്റെ വേദന ശരിയല്ല വേദനയില്ല ോ അല്ല ആദ്യം കൊടുക്കുമ്പോ ഈ കുഴപ്പങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഭാവന വളരെ ശുദ്ധമാണ് അതുകൊണ്ട് കുഴപ്പം വന്നില്ലായിരിക്കാൻ കുട്ടിക്ക് പക്ഷെ നാല്പത് കൊല്ലം ഞാൻ കൊടുത്തത് ഭാവനയെ പഠിക്കാത്തൊരു തത്വചിന്തയെ ഇല്ലാത്ത ഒരു തത്വചിന്തയുടെ ബലം എനിക്ക് തരാത്ത വസ്തു എന്ന് പഠിപ്പിച്ചൊരു വിദ്യാഭ്യാസത്തിലൂടെ വളർന്നു ഞാൻ ഭൗതികമായി എഴുതി കൊടുത്ത് ഒരു മരുന്നിന്റെ വളർച്ചയിൽ നാൽപ്പത് സംവത്സരങ്ങൾ എഴുതി കൊടുത്ത് ഒരു സംവത്സരത്തിൽ അവർ തലമുറയെ മുഴുവൻ അപകടപ്പെടുത്തുന്നതാണെന്ന് ഒരു പേപ്പർ ഏതൊരാൾ പ്രസന്റ് ചെയ്ത് സ്ഥാപിച്ചു കഴിഞ്ഞത് അവര് സർക്കുലറായി എൻ്റെ കയ്യിലേക്ക് എത്തിയത് ഞാൻ വായിച്ച് കഴിയുമ്പോൾ എൻ്റെ അന്തരംഗത്തെ കുറിച്ച് ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായോന്ന് ഇവിടെയാണ് ദുരൂഹതകളുടെ വലിയ രോഗങ്ങൾ വരുന്നത് അതുകൊണ്ട് ഇമ്മ്യൂണോളജിയിലും ഇത് വളരെ ശക്തമായ പ്രശ്നമാണ് ഇമ്മ്യൂൺ ഡിസീസുകളുടെ കാര്യത്തിൽ പർട്ടിക്കുലർലി പ്രത്യേകിച്ച് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകളുടെ കാര്യത്തിൽ വളരെ നിർണായകമായ സമഗ്രമായി നമുക്കൊരു വീക്ഷണം ഉണ്ടെങ്കിൽ ക്യാൻസറിലേക്ക് വരുമ്പോൾ ഇതെല്ലാം ഒന്നിച്ച് വരുന്നത് രംഗമാണ് ഇമ്മ്യൂണോളജിയിൽ പതോളജിയും സൈറ്റോളജിയും എല്ലാം ഒന്നിച്ചു വരുന്നിങ്ങനെ ഒരരികിൽ നിന്ന് പിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ കൃത്യതയിൽ പോയില്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല നമ്മളൊരു ക്യാൻസർ എന്ന് പറഞ്ഞു ഒരു രോഗം അത് വൈറൽ ക്യാൻസറുകൾ ഉണ്ടാവും സ്റ്റെം സെൽ കാർ ഉണ്ടാവും ലാർജ് സെൽ കാർ ഉണ്ടാവും സ്മോൾ സെൽ കാർ ഉണ്ടാവും അതിൽ തന്നെ അടിനോമകൾ ഉണ്ടാവും അതിൽ തന്നെ ഗ്ലയോമകൾ ഉണ്ടാവും അങ്ങനെ പല വിഭാഗങ്ങളുണ്ടാവും അത് തന്നെ അതിന്റെ തുടക്കത്തിൽ ഉണ്ടാവും അത് പല തലങ്ങളുണ്ടാവും കോശത്തെ പഠിക്കുമ്പോൾ ഇൻ വൈബോയിലും ഇൻ വിട്രോയിലും അതിന്റെ സൈറ്റോർഫോസിസ് അല്പം കോശത്തെ പറ്റി പഠിച്ചിട്ട് മുന്നോട്ട് പോകാം അല്പം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കാത്ലിക്കിലാണിത് നല്ല രീതിയിൽ തുടങ്ങുന്നത് കോശവിഭജനത്തെ കുറിച്ചുള്ള പഠനങ്ങൾ നേരത്തെ നടത്തിയത് ശക്തമായി അത് മൂന്ന് ഘട്ടങ്ങളാണ് ത്രീ ഫേസസ് ആ പഠനങ്ങളിൽ മൂന്ന് ഘട്ടങ്ങളാണ് ജന്തുക്കളിലും മനുഷ്യരിലും അദ്ദേഹം നടത്തിയ പഠനങ്ങൾ ഇതിന് പോൽ പ്രഥമ ഘട്ടം കോശ വിഭജനത്തിനും കോശാംശത്തെ അതിനുള്ള മാധ്യമത്തിൽ സംക്രമിപ്പിച്ച് അദ്ദേഹം നടത്തിയ പഠനങ്ങൾ എൻ്റെ മാധ്യമത്തിൽ മീഡിയത്തിൽ അവിടെ അദ്ദേഹം കണ്ടത് കോശങ്ങൾക്ക് ഒരു മണിത അതിനെ തുടർന്ന് ദ്വീയ ഘട്ടത്തിൽ സക്രിയമായ കോശ വിപുലന തുടരുന്നത് അതിനൊരു അദ്ദേഹം സ്വീകരിച്ചത് മാനവ ബീജാന്കുല എന്നാണ് പറയുന്നത് മീഡിയം ഇംഗ്ലീഷ് ആയിട്ടുള്ളവർക്ക് എളുപ്പമതം അതായിരിക്കും മലയാളത്തെക്കാൾ മനസ്സിലാകാനും എളുപ്പം അതായിരിക്കും കാരണം മാനവ ബീജാങ്കുര താരം എന്നൊക്കെ പറഞ്ഞാൽ ഇംഗ്ലീഷിനേക്കാൾ കുറച്ച് കട്ടിയായിരിക്കും അങ്ങനല്ലേ മറിച്ച് മറ്റതാണെങ്കിൽ കേൾക്കുമ്പോൾ എംബ്രിയോണിക് ഫൈബ്രോബ്ലാസ്റ്റ് ഏതാണ്ടോന്ന് തലകേറിയ പോലെ തോന്നുകയെങ്കിലും ചെയ്യും അത് അദ്ദേഹം പഠനം നടത്തുമ്പോൾ അമ്പത് സക്രിയമായ മാറ്റം കലനത്തിൽ തന്നെ ഉണ്ടാകുന്നത് മൗലിക കലനത്തിൽ തന്നെ പ്രൈമറി കൾച്ചറിൽ തന്നെ പ്രൈമറി കൾച്ചറിൽ തന്നെ അൻപത് പരിണാം ശരാശരി കാരണം പ്ലസ് ഫോർ മൈനസ് ടെൻ ഇരുപത് വയസ്സുവരെ ജനനം മുതൽ ഈ പരിണാമം അദ്ദേഹം കണ്ടു സൈക്കോളജിക്കൽ ആയിട്ടുള്ള പഠനത്തിൽ കോശത്തിന്റെ വിഭജനം ഇരുപത് വയസ്സിന് മുകളിൽ തർട്ടി പ്ലസ് ഓർ മൈനസ് ടെൻ വിഭജനങ്ങൾ ഇരുപത് വയസ് വയസ്സുവരെ അമ്പത് പ്ലസ് ഓർ മൈനസ് ടെൻ ഇരുപത് വയസ്സിൽ തർട്ടി പ്ലസ് ഓർ മൈനസ് ടെൻ ഇരുപതിനു മുകളിൽ ഇങ്ങനെയാണ് ആ വിഭജനത്തിന്റെ നില കോശങ്ങളുടെ ഈ ഘട്ടത്തിലെ തുടർച്ചയായ പരമ്പര വിന്യാസത്തോടും നിർവഹണത്തോടും കോശവിഭാഗത്തോടും ക്രമഭംഗത്തോടും കൂടി ഉറച്ചതാണ് അതാണ് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയത് വിഭജനത്തിന്റെ ഈ മൗലികമായ കഴിവിനെ അദ്ദേഹം കോശദ്വാരം എന്നാണ് പേരിട്ടത് തന്നെ അതും ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും എന്നാണ് അതിനെ വിളിക്കുന്നത് കോശ പഠനങ്ങളിൽ ഫൈനൈറ്റ് സെൽഡബിളിങ് കപ്പാസിറ്റി മൂന്നാമത്തെ ഘട്ടമാണ് അപക്ഷയത്തിൻ്റെതാണ് പറഞ്ഞതാണ് ഞാൻ അതിനെ അടുക്കിൽ വീണ്ടും പറയുന്നത് മാത്രമേ ഉള്ളൂ നിനക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഫർട്ടിലൈസേഷൻ എവല്യൂഷൻസ് എൻ്റെ മലയാളവും ഞാൻ പറഞ്ഞതെന്നാണ് അസ്ഥി ജായതെ വിപരിണാമത വൈദിക കാലം മുതൽ ഇതാണ് സംജ്ഞ ഒരു മാതാവിന്റെ അണ്ടവും പിതാവിന്റെ ബീജവും സംയോജിച്ച് സ്വയംവരം എന്നാണ് കണ്ടു പറയുക അതുകൊണ്ട് രാജാക്കന്മാരൊക്കെ സ്വയംഭരത്തെ അനുകൂലിച്ചത് കാരണം അതിലും സ്വയംഭരമാണ് അലക്കുന്നതെങ്കിൽ അതിനെ ചാരിതാർത്ഥ്യജനകമാക്കുന്നത് സ്വയംവരം കൊണ്ട് തന്നെയാണ് വിവാഹം കൊണ്ടല്ല വിവാഹം രോഗത്തിലേക്കുള്ളൊരു യാത്രയാണ് സ്വയംവരം ആരോഗ്യത്തിലേക്കുള്ളൊരു യാത്രയാണ് അതിന്റെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാകുന്നു അറിയില്ല വിവാഹം സ്വയംഭരോഗം തമ്മിലുള്ള അന്തരം മനസ്സിലായില്ല വിവാഹത്തില് നിങ്ങളുടെ അച്ഛനോ അമ്മയോ സ്ത്രീക്കോ പുരുഷനും ആ അനുസ് അനുരൂപരായ ആളുകളെ രണ്ടുപേരെയും കണ്ട് അതിൻ്റെ ധനസ്ഥുതി അവിടെ പ്രാധാന്യമുള്ള ധനസ്ഥുതി തറവാടിത്തം മനസ്സിലായില്ല ഇതൊക്കെയാണ് അത് ചിലപ്പോൾ ഒരിക്കലും വിവാഹം കഴിക്കരുതാത്ത രണ്ടു പേർ തമ്മിലായിരിക്കും ചിലപ്പോൾ വിവാഹം മനസ്സിലായില്ല അവിടെ വിവാഹം കഴിക്കുന്നതുകൊണ്ട് ധനത്തെയാണ് സ്ത്രീ പുരുഷനെയോ പുരുഷൻ സ്ത്രീയെയോ അല്ല ചിലപ്പോ വിവാഹം കഴിക്കുന്നത് തറവാഹിത്തെയാണ് ചിലപ്പോൾ വിവാഹം കഴിക്കുന്നത് അച്ഛൻ്റെയോ അമ്മയുടെയോ ബന്ധത്തെയാണ് തനിക്ക് അനുരൂപരായവരെയല്ല എപ്രകാരമാണോ ഒരു സ്ത്രീ പുരുഷ സംയോഗത്തില് ദശലക്ഷക്കണക്കിന് ബീജാണുക്കൾ അവ തുള്ളിക്കളിച്ചെത്തുമ്പോൾ ഒരണ്ടം അതിൽ നിന്ന് ഒന്നിനെ മാത്രം തെരഞ്ഞെടുത്ത് വരണമാല്യം അണിയിക്കുന്നത് അവിടെ സെലക്ഷൻ ഭാവത്തിൽ മാത്രമാണ് പൗരുഷത്തിന് പ്രസക്തിയേ ഇല്ല അവനെ കാണാൻ പഠിക്കാനും പറ്റുന്നതിലേക്ക് വൈകല്യം ഇല്ലാത്തൊരു നിങ്ങളുടെ അറിവ് ഉണർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വൈകാരിക തന്തുവിലാണെങ്കിൽ അതിന്റെ ശുദ്ധവും വിചാരപരവുമായ അംശത്തിൽ ഉൾക്കൊള്ളുവാൻ കഴിയുമെങ്കിൽ ഒരു സ്ത്രീ പുരുഷ സംയോഗത്തിൽ ഏതാണ്ട് നൂറ്റിപ്പത്ത് ദശലക്ഷം ബീജാണുക്കളാണ് എന്നെ ഭരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഒട്ടേറെ ഇടുങ്ങിയ ഇടനാഴികളിലൂടെ എല്ലാം സഞ്ചരിച്ച് പോകുന്ന വഴിയിലെല്ലാം ചത്തും ചാകാതയും ഒക്കെ ഓടി ആ മത്സര പന്തയത്തിൽ അവസാനം എത്തുന്നവയിൽ നിന്ന് ഒന്നിനെ മാത്രം സെലക്ട് ചെയ്യുന്നു ഇങ്ങനെ പഠിച്ചു മനസ്സിലായില്ല ആ മാത്രമേ സ്വീകരിക്കുന്നു അതുപോലെ ഇതാണ് സത്യമെങ്കിൽ ആ സ്ത്രൈണതയുടെ പൂർണരൂപമായ സ്ത്രീ തനിക്ക് അനുരൂപനായ വരണെ വരന്മാരുടെ സദസ്സിൽ നിന്ന് വരണമാറ്റം വിട്ടു സ്വീകരിക്കുന്നതിന് സ്വയംവരം എന്ന് പറയും മനസ്സിലായില്ല ഇത് മാത്രമേ പൗരാണിക ഭാരതം ശാസ്ത്രീയമായ കുടുംബ ബന്ധത്തിന് അംഗീകരിച്ചിട്ടുള്ളൂ നൂറ് ശതമാനം പിന്നുള്ള കണക്കിന് പിന്നിലേക്ക് പോകൂ ഇതിനെക്കുറിച്ച് ജ്യോതിഷിക്ക് ഒന്നും അറിയില്ല എന്നുള്ളതാണ് അവർക്ക് തീരെ വിവരമില്ല എന്നുള്ളതാണ് പരമാർത്ഥം ഞാനീ പറഞ്ഞത് വൈദ്യശാസ്ത്രമാണ് അത് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാകുന്ന ഭാഷയിലുമാണ് പറഞ്ഞത് അതെ നടക്കുന്ന പരിപാടികൾക്കൊക്കെ അതിന്റെ പരിമിതികൾ ഉണ്ടാവും ഇതിന് അതിന്റെ മെച്ചങ്ങൾ ഉണ്ടാവും ഈ ഒരു ാണ് പോകുന്നത് അങ്ങനെ ഉണ്ടായി അവിടെ എത്തിക്കഴിഞ്ഞ് അവ സംയോജിച്ച് ഫർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ കോശമായി ഡെവലപ്പ് ചെയ്താൽ ഓർഗാനിസം നോണാസ് സൈകോട്ട് അത് കലലം ദുർബുദം കർക്കെന്തു മുതലായ അവസ്ഥകളിലൂടെ ഗർഭോപനിഷത്ത് കടന്നു വരുമ്പോ ആദ്യത്തെ എട്ട് ആഴ്ച കൊണ്ട് നമുക്ക് മുമ്പോട്ട് ഇല്ലപ്പോ എസ് പരിണാമമില്ലാത്ത കോശങ്ങൾ മുഴുവൻ ഉണ്ടായി കഴിയും മസ്തിഷ്കത്തിൽ ഒട്ടേറെ കോശങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവാന്തര പരിണാമം വരില്ലാത്തവയുണ്ട് അവയ്ക്ക് ഏതെങ്കിലും കേടുപാടുകൾ വന്നാൽ പുനരുജ്ജീവനം അസാധ്യമായവയുണ്ട് ശരീരത്തെ കോശങ്ങളിൽ ചിലത് മരിച്ച് പുനർജനിക്കുന്നവയാണ് ചിലത് അഞ്ചു ദിവസം കൊണ്ട് കഴുകി കളയുന്നവയാണ് ലിബർ കണിലൊക്കെ അതാണ് സംഭവിക്കുന്നത് കുടലിനും മറ്റും അഞ്ചു ദിവസം അഞ്ചു ദിവസം കൂടുമ്പോൾ പുതിയ ആളുകളെ നിയമിക്കുകയാണ് അതുകൊണ്ടാണ് പഴയ ആളുകള് കിഡ്നി പോകുന്നു എന്നറിഞ്ഞാൽ കുടലിനെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് പഴയ വിഷ സ്പെഷ്യലൈസേഷൻ തുടങ്ങുന്നതിന് മുമ്പ് അതുകൊണ്ടാണ് മുമ്പ് ൾ രക്ഷിരുന്നതും സ്പെഷ്യലൈസേഷൻ കഴിഞ്ഞ് ഇന്ന് ആളുകൾ സത്തു പോകുന്നതും മനസ്സിലായില്ല മിതമായി പറഞ്ഞാൽ വസ്തുക്കളെ മാത്രമേ കിഡ്നി ആയിരിക്കൂ അതിൽ കിഡ്നി ആയിരിക്കില്ല കിഡ്നിയുടെ ഫങ്ഷൻ അല്പം എന്ന് പറഞ്ഞാൽ അല്പം തടസ്സപ്പെട്ട പഴയ ആയുർവേദക്കാരോ മുൻ തലമുറയിലെ ആധുനിക വൈദ്യശാസ്ത്ര വിശാരദന്മാരും വയറിളകാനുള്ള മരുന്ന് കൊടുക്കുകയായി കാരണം ഇവന്റെ കിഡ്നിയെ അവിടെ വെച്ചുകൊണ്ട് അതിനെ സമ്മർദ്ദത്തിന് വിധേയമാക്കാതെ ഇവന്റെ കിഡ്നിക്ക് പകരമുള്ള വേറൊരു കിഡ്നിയെ പ്രവർത്തിപ്പിക്കുകയാണ് മനസ്സിലായില്ല ചുക്കിട്ട് പാല് കാച്ചി അതിലുവല്ല നല്ല ആവണക്കിട കാസോയിലെ ആധുനിക വൈദ്യശാസ്ത്രജ്ഞന്മാരാണ് അത് കുറച്ചുകൂടെ ആളുകളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ അവന്റെ മനസ്സിന് സന്തോഷം കിട്ടാൻ ഗന്ധർവസ്താദി ആവർണക്കെണ്ണ നിതാതി ആവർണക്കെണ്ണ എന്നൊക്കെ ആരുമതല്ല മനസ്സിലായില്ല രണ്ടും ധാരാളം ആവണക്കെണ്ണ തന്നെയാണ് ഭയറത്തുള്ള കാര്യത്തിന് യാതൊരു പക്ഷെ ഗന്ധർവസ്താദി നിമ്പാമൃതാദി എന്നൊക്കെ എഴുതുന്നക്ഷൻ ഉണ്ട് മാത്രമല്ല പൊതുമേ ഒരല്പം വില കൂടുതലും കൂടെ സാധാരണ അവിടക്കെണ്ണം മേടിക്കുന്നതിനേക്കാൾ അല്പം കൂടെ വിലയൊക്കെ കൂടുതലുള്ളത് കൊണ്ട് ഏതാണ്ട് കഴിച്ചു എന്നൊരു തോന്നലും കിട്ടും ആ ഒരു തോന്നലും കിട്ടും അത് വളരെ മനസ്സിനകത്ത് വളരെ പ്രധാനമാണ് അപ്പോ കലാമസായത് മനസ്സിന്റെ സന്തോഷവും അങ്ങേറ്റം പ്രധാനവുമാണ് അതും മറന്നു പോകണ്ട തമാശയായി കരുതണ്ട ആ മനസ്സിന്റെ സന്തോഷവും പ്രശ്നമാണ് അത് കൊടുത്ത് വയറിളക്കുമ്പോൾ യൂറിയയും ക്രിയാറ്റിനും ഒക്കെ ബ്ലഡിലേക്ക് കയറി കളരുന്നതിന്റെ അളവ് കുറയാൻ തുടങ്ങും ഈ ചെറുകുടൽ തന്നെ യൂറിയയെ വേർതിരിച്ച് പുറത്തു കളയും കിഡ്നി വേണ്ട തൽക്കാലം നമ്മുടെ സ്വേതഗ്രന്ഥികൾ തന്നെ കുറെ സാധനങ്ങളെ കിഡ്നിക്ക് പകരം പുറത്തു കളയാൻ പോകുന്നതാണ് അതറിയുമെന്ന് തോന്നുന്നു സോഡിയത്തിന്റെയും പൊട്ടാസിയത്തിന്റെയും ഒക്കെ തലങ്ങളിൽ ഏത് അവയവത്തിന്റെ പ്രവർത്തനവും ഒരാപദ്ഘട്ടത്തിൽ ഏറ്റെടുക്കുവാൻ ശരീരത്തിൻ്റെ ഏത് അംശവും പൂർണമായ ഒന്നായി ആ ശരീരത്തിൻ്റെ പൂർണതയെ ഉൾക്കൊള്ളുന്ന പൂർണമായ ഒന്നായി ഒരു യൂണിറ്റായി പ്രവർത്തിക്കുമെന്നാണ് പ്രാചീനരുടെ കൽപ്പന കരുതില്ല കിഡ്നി ഔട്ടാകാൻ തുടങ്ങുന്നൊരു കുഞ്ഞിനെടുത്ത് വെള്ളത്തിലിടുക എന്നിട്ട് കുറെ നേരം വെള്ളത്തിൽ കിടത്തിയിട്ട് ആ വെള്ളത്തിൽ നിന്ന് കലക്കെടുത്തിട്ട് ആ വെള്ളം ഒന്ന് ടെസ്റ്റ് ചെയ്യുക അതിലെത്ര യൂറിയ ഉണ്ടെന്ന് അപ്പൊ ചെയ്ത് നോക്കിയിട്ട് വിശ്വസിക്കേണ്ടതേയുള്ളൂ പരീക്ഷ നോക്കുക ഇന്നത്തെ നില ചെയ്യാം വയർ ഇളക്കിയിട്ട് ആ ഇളകുന്ന പദാർത്ഥം കളക്ട് ചെയ്ത് അതിലെത്ര യൂറിയ വെളിയിൽ പോയി നോക്കുക ഇപ്പൊ ചെറുകൊടൽ എത്രത്തോളം അരിച്ച് പുറത്തു കളഞ്ഞു വലിയ വിസർജന കേന്ദ്രവും ഏറ്റവും വലിയ ആഗിരണ കേന്ദ്രവും ചെറുകുടലാണ് എല്ലാ വിസർജന കേന്ദ്രവും ആഗിരണ കേന്ദ്രമായി പ്രവർത്തിക്കുമ്പോൾ ആഹുരത്വം കൂടുകയും ചെയ്യും എല്ലാ വിസർജന കേന്ദ്രങ്ങളെയും ആഗിരണ കേന്ദ്രങ്ങളായി പ്രവർത്തിപ്പിക്കുന്നത് ഭാവനയുടെ തകരാറുകൊണ്ടാണ് അയ്യർക്ക് ഒരു ടെൻഷൻ വന്നാൽ ഒഴിക്കാൻ തുടങ്ങും ഇപ്പൊ അന്ന് ഒഴിക്കാൻ തുടങ്ങും പോകില്ല ഒഴിച്ചു എന്ന് അയ്യർക്ക് തോന്നും രണ്ടു തുള്ളികു തിരിച്ചു ഇവിടെ വന്നിരിക്കുമ്പോ ഒന്നുകൂടെ കൂട്ട് ഒഴിക്കാ അയ്യര് പോകും അപ്പോഴും ചിലപ്പോ രണ്ടു തുള്ളികളും അത് പോകുന്നത് അവിടെ പോയി നിൽക്കുമ്പോ പോകൂല മുണ്ടുങ്കി മാറുമ്പോൾ മുണ്ടലോട്ടേ പോവുള്ളൂ മനസിലായില്ലേ അപ്പൊ രണ്ടും രണ്ടും നാല് തുള്ളിയേ പോയുള്ളൂ നാല് ലിറ്റർ പോയ പോലെയാണ് അയ്യരുടെ തോന്നല് ആ യൂറിയ വിസർജന കേന്ദ്രമായ അവിടെ എത്തിപ്പെട്ട് അതില് സ്റ്റോർ ചെയ്തിരിക്കുന്ന യൂറിയ മെല്ലെ ചിരിച്ചാകിരണം ചെയ്യാൻ തുടങ്ങും ഇത് നന്നായി അറിയാവുന്ന കൊണ്ടാണ് യോഗികളെ മറ്റും ചെയ്യുന്നത് മലദ്വാരത്തിലൂടെയും മൂത്രദ്വാരത്തിലൂടെയെല്ലാം പാലും വെള്ളവും ഒക്കെ ലക്ഷകണക്കിന് വലിച്ചു കയറ്റാൻ വജ്രൌളി എന്ന ക്രിയൊക്കെ ചെയ്യാൻ യോഗികൾക്ക് ഇതാകുന്നത് വൈദ്യശാസ്ത്രത്തിന്റെ ഈ നിയമം തന്നെയാണ് വടക്കേണ്ടിപ്പോൾ കാണാം നാലു അഞ്ചും ലിറ്ററോ അരിച്ചു കയറ്റി തുകയുന്നത് അതിജീവിത്തി ഒന്നും അല്ല അവർ നങ്കാ സന്യാസിൻസ് കണ്ടിട്ടില്ല ജീവി ലോക കാണിക്കുന്നത് ഏഹ് പഴയ പോലെ അല്ലല്ലോ ജീവി ലോ വണ്ടി വലിക്കുന്നവര് കണ്ടിട്ടില്ല വെള്ളം കൊണ്ടുവച്ചാ വെള്ളം ഒരിച്ചു കയറ്റുന്നു നമ്മള് വായിക്കൂടിയാ വെള്ളം കുടിക്കുന്നത് മനസ്സിലായില്ല ഒരു തിരിച്ചും ഗുരുദ്വാരത്തിലൂടെയും മൂത്രദ്വാരത്തിലൂടെയുമൊക്കെ ഉള്ള കയറി അപ്പൊ ഏത് അവയവത്തിനും വിസർജനപരമായ തലമെന്നതുപോലെ ആഗിരണപരമായ ഒരു തലം ആപത്സന്ധിയിൽ സ്വീകരിക്കുവാനും ആകിരണപരങ്ങളായ തലങ്ങളുള്ളവയ്ക്ക് വിസർജനപരങ്ങളായ തലങ്ങൾ രൂപപ്പെടുത്തുവാൻ ആപത്സന്ധിയിൽ കഴിയുമാറ് ശരീരം ദാർശനികമായി വളരെ വളരെ സങ്കീർണമായ ഒന്നാണ് ഈ സാധ്യത എത്രത്തോളം ദാർശനികമായി വൈദ്യശാസ്ത്രത്തിന്റെ ആധുനികവും പൗരാണികവുമായ തലങ്ങളെ അഭിമാനം കൊള്ളുന്ന വൈദ്യ വിദ്യാർത്ഥികൾ പഠിക്കുന്നു എന്നത് വേറെ കാര്യം അതിൽ നിന്ന് ഉണ്ടോ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യതയോടെ പഠിക്കുന്നുണ്ടാവുമോ അതല്ല ആ സമയത്ത് ക്ലാസ്സിൽ കയറാതിരിക്കുവോ ഇങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരെ ഉണ്ട് അവർക്ക് നിങ്ങൾ പിന്നിലും പോയി ചർച്ച ചെയ്ത് ഇങ്ങനൊരു തലമുണ്ട് മനസ്സിലായില്ല അപ്പോ കുടലിലേക്ക് വന്ന് സാധനങ്ങൾ വീഴുമ്പോൾ അവ വേണ്ട സമയത്ത് പുറന്തള്ളിപ്പോകുന്നില്ലെങ്കിൽ അവ അവിടെ കിടന്ന് രൂപാന്തരപ്പെടുന്നതിനെ തിരിച്ച് മോശമായ നിലയിൽ ആകിരണം ചെയ്യുവാൻ കുടലിന് കഴിയും കിഡ്നിയുടെ പ്രവർത്തനവും കുടൽ ഏറ്റെടുക്കുകയും മലവും മൂത്രവും എല്ലാം നിയന്ത്രിക്കുന്നതും മുകളിലുമാണ് ഈ അവയവത്തിലല്ല അതുകൊണ്ടാണ് സ്പെഷ്യലൈസേഷൻ വന്നപ്പോ കിഡ്നിയാ മാറ്റി വെക്കുന്നത് ഒരാളൊന്നും ചോദിക്കാറില്ല എം ബി ബി എസ് മാത്രം പഠിച്ചോടുന്നു നിങ്ങൾ വരട്ടിയനെ അവിടെ ചെന്ന് നിങ്ങൾ വരട്ടൂല കാരണം ഹൈപ്പോതലാമസല്ലേ നിയന്ത്രിക്കുന്നത് അത് മാറ്റി വെക്കാൻ പറ്റില്ല പിന്നെ ഇത് മാറ്റി വെച്ചാൽ എവിടെയാണ് ശരിയായിരുന്നു അത് മനസ്സിലായില്ല ആരോ പറഞ്ഞു മുറിച്ചു മാറ്റാം കേടു പക്ഷേ കൊടുങ്കേട് ബാധിച്ച ഭാവം മനസ്സോ സുഗതകുമാരിക്ക് കൂടുതൽ വൈദ്യശാസ്ത്രമാണെങ്കിൽ തോന്നുന്നു മനസ്സിലായില്ല രാത്രി മഴ കവി ശാസ്ത്രകാരനേക്കാൾ സത്യത്തിനടുത്തെത്തും എഴുതിയിട്ടില്ല നിങ്ങൾ ഇരിപ്പ് കണ്ടിട്ടാകെ നിങ്ങൾ സങ്കീർണ മനസ്സിലായിരുന്നാൽ അല്ലെങ്കിൽ പിള്ളേരെ ഏൽപ്പിക്കുന്ന പോലെ സോ മൗലികമായി പ്രശ്നം ഉണ്ടാവും പലതരം കോശങ്ങളുണ്ടിരുന്ന അതിൽ ഈ കൊടലിൽ വരുന്ന കോശങ്ങളുടെ പ്രത്യേകത അഞ്ചു ദിവസത്തിൽ ഇവൻ ആളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു മസ്തിഷ്കത്തിലാണെങ്കിൽ മാറുകയേ ഇല്ല സാധാരണ ഇവരുള്ള മനുഷ്യനറിയാം നട്ടില് പൊട്ടുമ്പോ മൂത്രത്തിന്റെ കൺട്രോൾ പോവും തലയ്ക്ക് ക്ഷതം മൂത്രത്തിന്റെ കൺട്രോൾ പോവും അവിടെയൊക്കെ ഇവന്റെ ഗിഡ്ണിക്കൊന്നും യാതൊരു കുഴപ്പവും മനസ്സിലായില്ല ഇത് കുഴപ്പം അവിടുന്നാണോ ഇവിടുന്നാണോ ഇനി കിഡ്നി ഇത്രയും കാലം ജോലി ചെയ്ത് ഈ കിഡ്നിക്ക് മാത്രം വയസ്സായതോ അതിലെ കോശങ്ങളുടെ പ്രായം അതിന്റെ സൈറ്റോളിസ് കാശി മുടക്കാൻ നേരത്തെ യോഗിക്കാൻ അതിനുള്ള അറിവ് നോക്കുകയാണ് ഉത്തരം പറഞ്ഞു തരാൻ രണ്ടും അതുകൊണ്ട് ഇത് പഠനത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എഫ് Finite cell doubling capacity. It is an embryo stage. At the age of 20. After the age of 20. You can see that. Richard. 50 plus or minus 10. 30 plus or minus 10. 20 plus or minus 10. Divisions are on. That is the case of the time. At the time of the time. The time of the time. Sun essence. സും കഴിഞ്ഞാണ് ഈ കോശങ്ങൾ പിൻവാങ്ങുന്നത് ഇങ്ങനൊരു കോശ പിന്മാറ്റമാണോസർ ആണെങ്കിൽ ചികിത്സ കോശാന്തരത്തിലെത്തണ്ടേ ട്യൂമറിന് പൊക്കത്തിൽ കളിച്ചാൽ മതിയോ ചോദ്യം എവിടെങ്കിലും മുഴകളുണ്ടോ അതിന്റെ പൊക്കത്തിൽ കിടന്ന് കളിച്ചാൽ മതിയോ അതിലേക്ക് ഏൽപ്പിക്കുന്നതൊക്കെ ഏൽക്കുവോ പ്രക്രിയയുടെ അന്തരാളങ്ങളിലേക്ക് വൈദ്യ വിജ്ഞാനത്തിന്റെ ദൃഷ്ടികോണങ്ങൾ എത്തുമെങ്കിൽ പഠനം രസാവഹവും ശ്രദ്ധേയവും ആനുഭതികവും ഫലവത്തുമാണ് ഇവിടെ സുസൃതൻ കാലം സ്ഥിരം മന്ദരുജം മഹാന്തം ഈ പദം ഞാൻ എടുത്തു പറഞ്ഞിരുന്നു എന്നതിന്റെ ഓർമ്മ ചിരവൃം ഓർക്കുന്നില്ല ശ്ലോകം പഴേ ഇതിൽ എഴുതിയെടുത്തവരുണ്ടെങ്കിൽ അവരുടെ കണം ഗ്രന്ഥി അത്ഭുതമായി രൂപാന്തരപ്പെടുന്നത് ഞാൻ പറയുമ്പോ വൃത്തം സ്ഥിരം മന്ദരുചം മഹാന്തം സങ്കല്പം ആദ്യം തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ആധുനിക പഠനങ്ങളെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് വൃത്ത അകാരം വൃത്തം സ്ഥിരം മഹാന്തം ആകൃതി ഉപയോഗിച്ച പദങ്ങൾക്കൊക്കെ സമാനങ്ങളായ പദങ്ങളെങ്കിലും അവയുടെ വ്യാപൃത്തിയിൽ ഉണ്ടാകുന്ന പരിണാമം ബോധമുള്ളവർ ഇതിനെ അർബുദം വിളിക്കുന്നു അത് പറഞ്ഞാണത് അത് പറഞ്ഞതാണ് ഭാഗം പക്ഷെ ഇത് പറഞ്ഞില്ല ഇപ്പൊ ഞാൻ പറയുന്ന കാര്യം പറഞ്ഞില്ല ഈ ചർച്ച പറഞ്ഞില്ല എന്നാലും രക്ഷത്തുനിന്ന് അടുക്കി അടുക്കി പോകേണ്ടതുണ്ട് പറഞ്ഞില്ല അപ്പൊ മൂന്നാമത്തെ ഘട്ടം അപക്ഷയത്തിൻ്റെതാണ് വികസിത വിഭാജിത കോശങ്ങൾ പൂർണമായ വികാസത്തിലെത്തി വിഭജിച്ച് നിലകൊള്ളുന്ന കോശങ്ങൾ ശ്രേണിയായി ഒരു മാധ്യമത്തിൽ വിഭജിക്കപ്പെടുമ്പോൾ രണ്ടാം ഘട്ടത്തിൽ അതിന്റെ കാണിക്കുന്നു എന്ന് ഹേഫ്ലിക് ഭംഗിയായി പറഞ്ഞിട്ടുണ്ട് മൂന്നാം ഘട്ടത്തിൽ ബീജഭാഗികമായ അസാധാരണത്വം ക്രോമസോമൽ അബ്നോർമാലിറ്റി നേരത്തെ സുശ്രുതനെ ധരിച്ചു പറഞ്ഞതാണ് ബീജം സ്ഥലമല്ലെങ്കിൽ ലോമം ബീജഭാഗം ക്രമസോ ബീജഭാഗ അവയവം ജി സുശ്രുതന്റെ പഠനങ്ങൾ കേട്ടു വിഷമിക്കണ്ട മഗസ്തനി സിന്ധിയിൽ വന്ന് ബി അഞ്ചാം നൂറ്റാണ്ടിൽ കൊണ്ടുപോയ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ര പരിണാമങ്ങളൊക്കെ ഗ്രീക്ക് ശാസ്ത്രത്തിന് ലഭിച്ചത് എന്ന് വളരെ വ്യക്തമായി പാശ്ചാത്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യക്കാരുടെ പുസ്തകമല്ല പേടിക്കണ്ട അത് അഭിമാനം കൊണ്ട് എഴുതാണെന്ന് നിങ്ങൾ പറഞ്ഞത് അല്ല പാശ്ചാത്യം എഴുതിയ ഗ്രന്ഥങ്ങളെ അങ്ങനൊരു വരവ് വന്നില്ലായിരുന്നുവെങ്കിൽ വൈദ്യശാസ്ത്രം പടിഞ്ഞാറ് ഈ കാണുന്ന നിലകളിൽ എത്തുകയില്ലായിരുന്നു എന്ന് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹോൺലേയുടെ ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ പഠിച്ചാൽ മതി ഗ്രന്ഥങ്ങൾ എടുത്ത് പഠിച്ചാൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ വിഹദ വീക്ഷണം നടത്തിയാൽ ഇന്ത്യ ഓക്സിഡെന്റൽ വ്യവസായങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ അമേരിക്കയും ഇംഗ്ലണ്ടും റഷ്യയും എല്ലാം മൗനഘനമായിരുന്നു ഓറിയന്റൽ സ്റ്റഡീസിൽ തലപൂർത്തുകയാണ് ഉത്തരം ഭാവങ്ങൾ ലോകത്ത് ഉണ്ടാക്കാൻ എന്താ നമ്മളുടെ വ്യത്യാസം മനസ്സിലായെന്നറിയില്ല ഓറിയന്റൽ ആന്റി ഓക്സിഡന്റൽ അർത്ഥം അറിയാം ഏ ഓറിയന്റൽ എന്ന് പറഞ്ഞാൽ കിഴക്കിനെ പറ്റിയുള്ള പഠനങ്ങൾ ഓക്സിഡന്റൽ എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറിനെ പറ്റിയുള്ള പഠനങ്ങൾ പടിഞ്ഞാറിൽ നിന്ന് നമുക്ക് കച്ചവടത്തിന് പ്രേരിപ്പിക്കുന്ന പരസ്യത്തിന് ഉപയോഗിക്കാവുന്ന കുറച്ച് സെക്സും കൊറേ കാമകേളികളും കൊറേ കച്ചവടവും കുറെ എംബിഎയും കാശും ഇത്രയുള്ളൂ ഫിനിഷ് പ്രോഡക്റ്റ് ഇത്രയേ ഉള്ളൂ പാരമ്പര്യത്തിനകത്ത് മനസ്സിലായില്ല ഇത്രയുള്ളു സാധനങ്ങൾ രാത്രി ബാഹയും പിള്ളേരെയും ബാക്കി ഉള്ള ഉറങ്ങിക്കളഞ്ഞാൽ കഴിഞ്ഞാൽ മാത്രം ഓൺ ചെയ്ത് കാണാവുന്ന സാധനങ്ങൾ അതല്ലാതെല്ലോം കാണണമെങ്കിൽ അവന്റെ ഓറിയന്റൽ സ്റ്റഡീസിൽ പോണം The Oriental Studies, Oriental Society of America, the Oriental Society of England. These are the various <laughs> stages <laughs> of the lecture. Volume 1, Volume 2, the very Marx-Muller's edition of the book. It's very difficult. It's not a way to write this book. It's not a way to write this book. ിൽ പോയിട്ട് സെർച്ചിൽ പോയിട്ട് ഓറിയന്റൽ സ്റ്റഡീസിൽ കൈവച്ച് നോക്കുക ചിലത് പെയ്ഡ് സൈറ്റുകളാണ് കുറച്ച് വൈഷമ്യം ഉണ്ടാവുക പലതും പെയ്ഡ് അല്ല മെഡിസിൻ തുടങ്ങിയ ഒട്ടേറെ പഠനങ്ങളുണ്ട് അത് ഓറിയന്റൽ സ്റ്റഡീസാണ് ഇപ്പൊ പൗരസ്ത്യമായ പഠനങ്ങളുടെ ലോകങ്ങളിലേക്ക് നിങ്ങൾ കടന്നു പോകുമെങ്കിൽ അവിടെ കാണാറ് അതിനകത്ത് മഗസ്തനീസിന്റെ ഈ വരവും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യക്കാർ എഴുതിയല്ല വളരെ നല്ല പഠനങ്ങൾ അപ്പൊ വൈദ്യശാസ്ത്രം അന്ന് നിലനിർത്തിയ പഠനങ്ങളെ അറിയാൻ ബീജത്തെയും ബീജഭാഗത്തെയും ബീജഭാഗ അവയവത്തെയും ഇതിന്റെ െങ്കിൽ അതിൽ ബീജഭാഗ അവയവത്തെ കുറിച്ചും മറ്റുമുള്ള സുശ്രുതന്റെയും ചരകന്റെയും ഒക്കെ പഠനങ്ങൾ മാതൃജങ്ങളും പിതൃജങ്ങളുമായ വികാരങ്ങൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾ ഒക്കെ നമ്മൾ കണ്ടതാണ് ആദിബല പ്രവൃത്തത്തിൽ വരുന്ന രോഗങ്ങൾ എന്റെ ദാർശനിക സവിശേഷതയിൽ നോക്കിയാൽ ഇപ്പൊ മൂന്നാം ഘട്ടത്തിൽ ബീജഭാഗികമായ അസാധാരണത്വം ക്രോമസോമൽ അബ്നോർമാലിറ്റി കോശക്ഷയത്തിന് ഏതെങ്കിലും അണുകങ്ങളുടെ കാരണം കാണുന്നുമില്ലെന്ന് പേപ്പ്ലിക് ഇവിടെ പറയുന്നു കോശം ഇവിടെ വെച്ചാണ് ക്ഷയത്തിന് വിധേയമാകുന്നത് കൾച്ചറിൽ ഏതെങ്കിലും വൈറസ് ഏതെങ്കിലും അമീബ ഏതെങ്കിലും ബാക്ടീരിയ കടന്നുകൂടിയാണോ ഈ കോശത്തെ നശിപ്പിച്ചത് ആ സാധ്യത ഹേഫ്ലിക് തൻ്റെ പഠനങ്ങളിൽ നൂറ് ശതമാനവും തള്ളിക്കളയുന്നുമുണ്ട് കോശാന്തര ഭാവത്തിലടങ്ങിയ പാരമ്പര്യ സിദ്ധവും അ കൃത്രിമവുമായ ഹേഫ്ലിക് രേഖപ്പെടുത്തിയത് അങ്ങനെയാണ് ആ ഈ സ്വഭാവ സവിശേഷത തന്നെയാണ് കോശ വാർധക്യത്തിന്റെ കാരണം ഇതിലൂങ്ങാതെ നടത്തുന്ന പരീക്ഷണങ്ങളും ഇതിലൂങ്ങാതെ ചെലവിടുന്ന ധനവും ഇതിലൂങ്ങാതെ വാങ്ങിക്കൂട്ടുന്ന മരുന്നുകളും കൊടുക്കാവില്ല മനസ്സിലായില്ല എനിക്ക് എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അച്ഛന് എൻ്റെ അപ്പൂപ്പന് എന്റെ ബന്ധുവിന് അർബുദം രോഗം വന്ന് അവന്റെ കോശങ്ങളുടെ വിഭജന പ്രക്രിയയുടെ അന്തരാളത്തിൽ അവന്റെ മൃത്യു പതിനാറ് ദിവസമോ മുപ്പത് ദിവസമോ എന്ന് പ്രഖ്യാപിച്ച വിഷക്കുരന്റെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്ന് കൊടുത്ത് അവൻ ോ എൻ്റെ അമ്മയോ നീതരാക്കപ്പെടുമ്പോൾ അയൽപക്കാരൻ പോയി മരിച്ച അതേ ആശുപത്രിയിലേക്ക് തന്നെ അതേ വേഗത്തിൽ തന്നെ വണ്ടിയെടുത്തിയെന്ന് അതുപോലെ പണം കൊടുത്തു മരിക്കുമ്പോൾ സാമൂഹികമായൊരു പ്രതിബദ്ധത ചികിത്സകനും ഭരണാധികാരിക്കും നീതിശാസ്ത്രജ്ഞനും ജനതയ്ക്കും കൊണ്ടുപോകുന്ന ബന്ധുവിനും ഉണ്ടെങ്കിൽ കോശാന്തരപരമായ ഇതിവൃത്തത്തെ കുറഞ്ഞ പക്ഷം അവൻ ഇക്കാലം കൊണ്ട് അന്വേഷിക്കുകയെങ്കിലും ചെയ്യണം മനസ്സിലായില്ല അവരെല്ലാം ഒന്നിച്ച് ഇത് കോശത്തിലാ പരിണാമം വരുന്നതെന്ന് ഇത് കോശ പ്രക്രിയയാണ് ഈ രോഗത്തിന്റെ ലക്ഷണമെന്ന് ഇക്കാര്യത്തിൽ ആർക്കും തർക്കമില്ല ഇത് കോശത്തിന്റെ സഹജമായ സ്വഭാവമോ ഇത് കോശത്തിലേക്ക് കടന്നുകയറിയ വൈറസിന്റെ സ്വഭാവമോ ഇത് കോശത്തില് ഉണ്ടായിരിക്കുന്ന ഒരു രോഗത്തിന്റെ ലക്ഷണമോ കോശത്തിന്റെ അകൃത്രിമവും സഹജവുമായ സ്വഭാവമാണെങ്കിൽ ചികിത്സയിലെ ചെലവ് ശുദ്ധമായത് ഓടിപ്പിക്കണം ഒരുപാട് പേര് നിന്ന കോമൺ മതി മനസ്സിലായില്ല ഇതിനൊത്തിരി തരൊന്നും വേണ്ട വെറും കോമൺ സെൻസ് മതി കോശത്തിന്റെ ഈ സ്വഭാവത്തിൽ ഒരു മുട്ടേഷൻ സാധ്യമാകുമോ ചോദ്യം കോശ സ്വഭാവത്തെ പരിണമിപ്പിക്കുവാൻ നാം അയച്ചു കൊടുക്കുന്ന കീമിയോതെറാപ്പിയിലെ ഒരു ഔഷധത്തിന് നാമം കൊടുക്കുന്ന ഒരു റേഡിയേഷന് ആ കോശ സ്വഭാവത്തിന് വന്നു ചേർന്നിരിക്കുന്ന വൈകല്യത്തെ കോശ മസ്തിഷ്കത്തിൽ അതിന്റെ ന്യൂക്ലിയസിൽ കടന്നു ചെന്ന് അതിൽ വന്നിരിക്കുന്ന ഈ സ്വഭാവ സവിശേഷതയെ മാറ്റാൻ കഴിയുമോ അതല്ല ആ കോശത്തെ മാത്രം കളയുവാനേ കഴിയുള്ളൂ ഈ കോശത്തെ കളയുന്നതോടുകൂടി ഈ കോശ സ്വഭാവം അടുത്ത കോശം ഏറ്റെടുക്കുമോ റിയാക്ഷൻ ഞാനിത് സാധാരണക്കാരായ പറയുന്നതായത് കൊണ്ട് എനിക്ക് എളുപ്പമുണ്ടെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ശാസ്ത്രകാരന്മാരാണ് ഇത് മനസ്സിലായിരുന്നു വരിയില്ല നമ്മൾ നിത്യം കണ്ടോട്ടിരിക്കുന്നൊരു പ്രക്രിയയാണ് എൻ്റെ കോശത്തിന് അതിന്റെ വിഭജന പ്രക്രിയ സ്വാഭാവികമാണെങ്കിൽ ആ വിഭജനം പതിനേഴാമത്തെ വയസ്സിൽ വാർദ്ധക്യത്തിലെത്തുന്നവൻ്റെ തലത്തിൽ അസ്തമിച്ചു കഴിഞ്ഞു എങ്കിൽ ഇനി കോശം ഒരു അവാന്തര പരിണാമത്തിന് വിധേയമാവില്ലാത്ത സെനസെൻസിൽ എത്തിക്കഴിഞ്ഞുവെങ്കിൽ എന്റെ വയസ്സ് പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ വയ കോശത്തിന്റെ വയസ്സ് വാർദ്ധക്യത്തിലെത്തിയെങ്കിൽ ആ വാർദ്ധക്യത്തെ മാറ്റുവാൻ ഔഷധം പറ്റില്ല എങ്കിൽ കാശു വെറുതെയാണ് ഞാൻ മോഹിച്ചിട്ട് കഴിയില്ല മനസ്സിലായില്ല ഇതിന് ഞാൻ അവലംബമാക്കിയത് ആധുനിക പഠനം തന്നെയാണ് പൗരാണിക പഠനമല്ല അത് പ്രത്യേകം ഓർക്കണം സൈറ്റോളിന്റെ ഈ രോഗങ്ങളിലേക്ക് ഹേഫ്ലിക്കിനെ കുട്ടിയാണ് പോയത് സുശ്രിതനെ ചരകനെ കൂട്ടിയല്ല വാഗ്പടനെ കൂട്ടിയല്ല ഹാരി കൂട്ടിയല്ല ചക്രവാണിയെ കൂട്ടിയുമല്ല ഭാർഗവനെയും മനസ്സിലായ ഞാൻ കൂടെ കൂട്ടിക്കൊണ്ടുപോയത് കേർലിക്കിനെയാണ് തോർച്ചടിക്കാൻ അയാൾ പോയത് കൂടെ നിങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇടനാഴിയിലെ പ്രക്രിയ ഇൻ ും ഇൻവിട്രോയിലും എങ്ങനെ രൂപാന്തരപ്പെടുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ പഠനങ്ങളാണ് ഇൻവിട്രോയിൽ മാത്രം എടുത്തത് ഇൻവൈവോ കിടക്കുന്നേ ഉള്ളൂ കോശത്തിന്റെ ഇൻവിട്രോ സ്റ്റഡീസും കോശത്തിന്റെ ഇൻവൈവോ സ്റ്റഡീസും പഠിക്കാൻ ഉള്ള രസകരാണ് ഉറക്കം വരുന്നറിയില്ല എനിക്ക് രസകരമാണ് അതുകൊണ്ടാണ് ഞാനിത് പഠിക്കുന്നതാണ് നിനക്ക് പഠിത്ത രസകരറിയില്ല ഇത് ഒഴിച്ച് ബാക്കി ഒന്നും രസകരല്ല എന്നുള്ളതാണ് വസ്തുത ബാക്കിയൊക്കെ ടെൻഷനാണ് ആരെയും രസമുള്ള ഒരേ ഒരു പണി പഠിക്കലും പഠിപ്പിക്കലും മാത്രമേ ഉള്ളൂ ബാക്കി ലൈഫിലെ എല്ലാ പണിയും സർവത്ര സ്വാധ്യായന്മ പ്രമദ അല്ലെങ്കിൽ സ്വാധ്യായ പ്രവചനാഭ്യാന് പ്രമദിത പ്രമാദമില്ലാത്ത ഒരു തല ഇത് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ പണിയിലും മടുക്കുണ്ട് ഒരു പണി ഇത് മാത്രമേ ഉള്ളൂ കാരണം കിട്ടിയ ഇല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ ക്ഷീണിക്കുകയും ചെയ്യും ഇത് ഒരുപാട് ഊർജം കിട്ടും ഊർജം നഷ്ടപ്പെടില്ലാത്ത ഒരേ പരിപാടി എന്ന് പറഞ്ഞാൽ പഠിക്കലും പഠിപ്പിക്കലും മാത്രമാണ് യോജിക്കാൻ യോജിക്കാൻ യോജിക്കാൻ താല്പര്യമില്ലാത്ത പഠനത്തിന്റെ ആ ക്ലച്ചിൽ വീണാൽ സ്ലോട്ട് കറക്റ്റ് ആയിരിക്കണം ഇത് ആരോ പിരിവന്യറ്റു അധ്യാപകർ അതുകൊണ്ട് പറ്റൂല ഈ നട്ടു പിരിവെട്ടി കയറിയാൽ പിന്നെ അതിന്റെ റോ അങ്ങനെ മാത്രേ കയറുള്ളൂ പിന്നെ ആ ഫീമെയിൽ ജോയിന്റോ മെയിൽ ജോയിന്റോ ഒരെണ്ണം മാറണം മാറിയില്ലെങ്കിൽ രക്ഷയില്ല കാരണം രണ്ടു തമ്മിൽ പിന്നെ കേളിച്ചു പോകുന്ന പരിപാടിയില്ല അതുകൊണ്ട് അറിവില് അവര് രണ്ടുപേരും ശിവനും പാർവതിയും അതുകൊണ്ടാണ് ഞാൻ ഫീമെയിലും മെയിലും പറഞ്ഞത് നിങ്ങളുടെ മെയിലും ഫീമെയിലും അല്ല സോ അതുകൊണ്ട് കോശാന്തര ഘടനയിൽ ഇതൊരു അകൃത്രിമമായ സ്വഭാവ സവിശേഷത തന്നെയാണെന്ന് ഹെഫ്രിക്ക് പറഞ്ഞിട്ടുണ്ട് കോശ വാർധക്യത്തിന്റെ കാരണം ഇതാണെങ്കിൽ ഇതിനെ രാജേഷ്മാവിന്റെ തലങ്ങളിലേക്ക് വരെ നോക്കിക്കാണാം അർബുദത്തിലേക്ക് അതാ നമ്മളിവിടെ അർബുദ പഠനത്തിൽ എടുക്കുന്നത് നാലാമത്തെ ഘട്ടത്തിൽ നമ്മള് മൂന്ന് ഘട്ടം പറഞ്ഞു നാലാമത്തെ ഘട്ടത്തിൽ എല്ലാ അപക്ഷയിച്ച കോശങ്ങളും വൃത്തിയു വരിക്കുന്നു